നഗരത്തിലെ ചില സ്ത്രീകൾ പറഞ്ഞു അസീസിന്റെ ഭാര്യ തന്റെ യുവാവിനെ പ്രലോഭിപ്പിക്കുകയാണ് അവനോടുള്ള സ്നേഹം അവളുടെ ഹൃദയത്തെ കീഴടക്കിയിരിക്കുന്നു തീർച്ചയായും അവൾ വ്യക്തമായ വഴിപിഴവിലാണെന്ന് ഞങ്ങൾ കാണുന്നു